ർണീമ യഹ്ഞ്ചാന വകുഷാ വ്യാധിഷ്ട്വാസ്മ പ്രഹ്ലാദീതൃഷ്ട്രമാണംസി ചൂടാമണി ജ്യോതിർ ദക്ഷിണമൂർത്തി വ്യാസംഗര ശബ്ദി ജ്ഞാനോക്തമാം തദ്ദേശ സത്യാൻദപോലി പ്രതിപത്തി ആത്മാവിൽ ജ്ഞാനം എന്ന് പറയുന്നിടത്ത് ആത്മാവിൽ സ്വായ സംബന്ധത്തിൽ ജ്ഞാനം ഇരിക്കുന്നു എന്നാണ് താർക്കികം പറയുന്നത് ആത്മാവ് ദ്രവ്യവും ജ്ഞാനം ഗുണവുമാണ് അദ്വിധി പറയുന്നു ആത്മാവും ജ്ഞാനവും തമ്മിൽ അങ്ങനെ ഒരു സമവായ സംബന്ധമില്ല ആത്മാവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം അത് ഞങ്ങളുടെ ഇതനുസരിച്ച് ശ്രദ്ധിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ കാൽപ്പനികമായ സംബന്ധമെന്ന് പറയുന്നു അതുകൊണ്ട് പ്രയോജനമില്ല താർക്കികമാർക്ക് സമവായ സംബന്ധമില്ല അങ്ങനെയാണെങ്കിൽ ദ്രഷ്ടുഹു ദൃഷ്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് രണ്ടു തരത്തിലർത്ഥം ആദ്യം വ്യതികരണ സംബന്ധത്തേടും വ്യതികരണ സൃഷ്ടി അവിടെ സംബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ലോകസിദ്ധമായ സംബന്ധത്തെ ശ്രദ്ധി അനുവാദം ചെയ്തിരിക്കയാണ് ലോകസിദ്ധമായ ഒരു കാര്യത്തെ പറയുമ്പോൾ പറയുന്ന അനുവാദമാണ് മുഖ്യാർത്ഥത്തിലല്ല ലോകരംഗന പറയുന്നു പറയാണ് അവിടെ സംബന്ധത്തെ ബോധിപ്പിക്കുകയുള്ള ശ്രുതിയുടെ താല്പര്യം മറിച്ച് എന്താണോ എന്താ ബോധിപ്പിക്കുന്നത് ദൃഷ്ടി അവിനാശിയാണോ എന്ന് ബോധിപ്പിക്കുകയാണ് ശ്രുതിയുടെ താല്പര്യം സംബന്ധത്തെ ബോധിപ്പിക്കുകയല്ല അപ്രാപ്ത ഈ ശാസ്ത്രം അർത്ഥവത്തുള്ള അനുസരിച്ച് ഇനി അങ്ങനെ അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ അദ്വൈത ശ്രുതിക്ക് വിരോധം വരും അതുകൊണ്ട് അവിടുത്തെ സംബന്ധത്തെ ഗുണമായിട്ടെടുക്കുക അദ്വൈതശ്രുതിയുണ്ട് വേറെ സംബന്ധശ്രുതിയുണ്ട് രണ്ടും തമ്മില് തുല്യ ബലമുള്ളത് കൊണ്ട് വിപരീതാർത്ഥം എടുക്കാനും പാടില്ല അതുകൊണ്ട് ഉപക്രമ ഉപസംഹാരാധ്വിധ ലിംഗങ്ങളിലൂടെ അദ്വൈതശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലായി കഴിഞ്ഞാൽ ആ ശ്രുതി സംബന്ധ ശ്രുതിയെ ബാധിക്കുന്നു ഇനി ഇവിടെ സമാനാധികരണ സംബന്ധത്തെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുവരുന്നു ദ്രഷ്ടുഹുദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൃഷ്ടാവായ ദൃഷ്ടി അങ്ങനെ അല്ലെങ്കിൽ ദൃഷ്ടിയായിരിക്കുന്ന ദ്രഷ്ടാവ് രണ്ടു തരത്തിൽ കൊടുക്കാം ദ്രഷ്ടാവായിരിക്കുന്ന ദൃഷ്ടി അല്ലെങ്കിൽ ദൃഷ്ടിയായിരിക്കുന്ന ദ്രഷ്ടാവ് രണ്ടു ഒന്ന് തന്നെ സമാനധികം സൃഷ്ടി വൈയുതികരണ സൃഷ്ടി എടുത്തു കഴിഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു ദ്രഷ്ടേഹേ ദൃഷ്ടേഹേ ദ്രഷ്ടാനം പശ്യേ എന്നും മറ്റും പറഞ്ഞിരിക്കുന്നിടത്ത് പയ്യ അധികരണീയ സൃഷ്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അവിടെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദൃഷ്ടിയുടെ ദ്രഷ്ടാവെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താർത്ഥം കൊടുക്കണം ദൃഷ്ടിടെയും ദ്രഷ്ടാവിന്റെ അർത്ഥത്തെ എടുക്കണം അപ്പൊ അന്ധക്കരണ പരിണാമരൂപത്തിലുള്ള ദൃഷ്ടി അന്ധക്കരണ പരിണാമരൂപത്തിലുള്ള ദൃഷ്ടി അതിന്റെ ദ്രഷ്ടാവെന്ന് പറയുന്നത് സാക്ഷി സാക്ഷി ഭാസ്യമായതുകൊണ്ട് ദൃഷ്ടി എന്ന് പറഞ്ഞ അന്ധക്കരണ പരിണാമരൂപത്തിലുള്ള സാക്ഷി എന്ന് വെച്ചാൽ അവിടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അറിവ് അറിവിടെ സംഭവിക്കുന്ന സാക്ഷി അങ്ങനെ എടുക്കാം അപ്പൊ അതിന് പറയുന്നു ദൃഷ്ടിയുടെ ദുഷ്ടാവിനെ സാക്ഷിക്ക് നാശമില്ലെന്നാ പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല അവിടെ പറയുന്നതാണോ സാക്ഷിക്ക് നാശം ഇല്ല അവിടെ സംബന്ധം പറയുന്നതിന് കുഴപ്പമില്ല എന്തുകൊണ്ട് ദൃഷ്ടി എന്ന് പറയുന്നത് പരിണാമവും സാക്ഷി ദ്രഷ്ടാവെന്ന് പറയുന്നത് സാക്ഷ്യമാണ് രണ്ടും നമ്പര് സംബന്ധമുണ്ട് സാക്ഷ്യമാണോ സാക്ഷിയും സാക്ഷ്യവും സംബന്ധം വരാം ദോഷം അവിടെ പറയുന്നത് എന്താണ് ആദ്യം ദ്രഷ്ടാവിന് ആദ്യം പറയുന്നു ദൃഷ്ടിയുടെ ദ്രഷ്ടാവിന് നാശം ആദ്യം പറയുന്നു ദ്രഷ്ടാവ് സാക്ഷിയായി ഇനി വേറൊരിടത്ത് കൊടുക്കാം എന്താണോ ദ്രഷ്ടാവ് എന്ന് പറയുന്നത് കൊണ്ട് എന്തിനും മനസ്സ് മനസ്സല്ലേ എല്ലാം അറിയുന്നു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നാരാ മനസ് അങ്ങനെ അതിന്റെ സാക്ഷി അതിന് സാക്ഷി ഒന്ന ദൃഷ്ടിന്ന് പറഞ്ഞാൽ സാക്ഷി എന്തായാലും സാക്ഷിക്ക് മാറ്റമില്ല അതിന് നാശമില്ല അതാണ് ഇന്ന ദിഷ്ഠേ ദുഷ്ഠാരംഭശി എന്ന് പറയുന്ന സ്ഥലത്തിൽ ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഒരു സംബന്ധാർത്ഥമെടുത്തിട്ട് എന്നാണ് നേരത്തെ ഇന്ന ൃഷ്ടേഹ് ഇവരിലോപോ വിദ്യതേ അതിനർത്ഥം പറയുന്നു സംബന്ധത്തെ എടുക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത് അവിടെ കാൽപ്പനികമായ സംബന്ധത്തെ സാക്ഷ്യവും കാൽപനിക സംബന്ധത്തെ സ്വീകരിക്കുക എന്തായാലും സാക്ഷി നിത്യമാണ് നിത്യമായ സാക്ഷിയുടെ അവിനാശിത്വത്തെ ബോധിപ്പിക്കുകയാണ് സാക്ഷ്യമായിരിക്കുന്നത് ജ്ഞാനുമാകാം അന്ധകർണമാകാം ഒരു സംബന്ധത്തെ സ്വീകരിക്കുന്നതിന് സാക്ഷി സാക്ഷ്യ സംബന്ധം അദ്വൈതത്തിന്റെ വിരോധമല്ല അത് കാൽപ്പനിക സംബന്ധം പറയുന്നത് കോമയുടെ ആവശ്യമില്ല അത് ഒറ്റ കോമുകഴിഞ്ഞ ആൾക്കാരൊക്കെ സംശയം ഉണ്ടാകും നിങ്ങൾക്ക് വരത്തില്ല വന്നിരുന്നെങ്കി ഇതിനെ ചോദിച്ചിരുന്നായിരുന്നു എന്തിനാ അവിടെ കോമയെന്ന് വാക്യമാണ്ം പക്ഷേ ആർക്കെങ്കിലും സംശയമുണ്ടായോ ഉണ്ടായി പക്ഷെ അത് മറ്റേ കോമ മുകളിലാഴെ പോയതാണ് ആ ഇൻവേർട്ട് കോമ താഴെ വന്ന് എടുക്കുന്നതാ ഇവിടെ ഇൻവേർട്ട് കോമ ക്ലോസ് ചെയ്യുന്നുണ്ട് പശ്ശേ എന്നുള്ള ശേഷം ക്ലോസ് ചെയ്യുന്നുണ്ട് അതിവിടെ ആരംഭിക്കണ മുകളിൽ പോയി പിടിവിട്ടു തൂങ്ങി കിടക്കയാണ് മേള നിന്നതാ പിടിവിട്ടു ദൃഷ്ടേർ ദൃഷ്ടാരംഭി ഇത്യാദ ഇവ എന്നതുപോലെ വൈയധികം ഇവിടെ എങ്ങനെയാണോ വയ്യധികാരണ്യം സംബന്ധം സ്വീകരിച്ച് അതുപോലെ സംബന്ധം എവിടെ സ്വീകരിക്കാവുന്നു എവിടെ സ്വീകരിക്കാവുന്നു സാക്ഷി സാക്ഷി എവിടെ സ്വീകരിക്കാമെന്നാണ് ഏ ആര് സാക്ഷിയിൽ സ്വീകരിക്കാം അന്ധക്കരണ പരിണാമത്തിന്റെ യാറ് സ്വീകരിക്കാമെന്നു ശ്രദ്ധിച്ചിരിക്കുന്നു ആദ്യം പറഞ്ഞു സംബന്ധത്തിൽ സ്വീകരിക്കാം ശ്രദ്ധിച്ചിരിക്കുന്നില്ല ദൃഷ്ടേ ഹെഷ്ടേ ഹെഷ്ടേ ം പശ്യേ ഇത്യാദോ ഇവരണ്േ അപ ഇതുപോലെ വയ്യധിക സംബന്ധ നേരത്തെ പറഞ്ഞ ദൃഷ്ടു ദൃഷ്ടേ അവിനാശിത്വ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വീകരിക്കാം എങ്ങനെയാണോ ഇവിടെ ഇതൊരുദാഹരണം മാത്രമാണോ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്തുകൊണ്ട് ദൃഷ്ടിയുടെ അധിഷ്ഠാവിനെ കുറിച്ച് പറയുന്നു അപ്പൊ അത് അദ്വൈതസമ്മത എല്ലാവരുടെ സമ്മതമാണ് അത് എന്താ ആയിക്കൊള്ളട്ടെ കാർഗീം പറയും ദൃഷ്ടിന്ന് പറയുന്ന ജ്ഞാനാധിഷ്ഠാവം എന്ന് പറയുന്ന ദ്രവ്യമായ ആത്മാവ് എന്ന് പറയുമായിരിക്കും എന്തായാലും സംബന്ധത്തിന്റെ കാര്യത്തിൽ അവിടെ വൈയതീകരണം തന്നെയാണ് ഇവിടെ എങ്ങനെയാണോ വൈദ്യുതീകരണം അതുപോലെ നേരത്തെ ഒന്നടത്ത് എന്താണോ ദൃഷ്ടേ ഇത്യാദോ ഇവ വയ്യാബി ഇനി അതിന്റെ അർത്ഥം പറയണം ഇവിടെ അർത്ഥം പറയുന്നത് അതിന്റെയാണ് ഏതിൻ്റെ ഇതൊന്നു തന്നെ സംഗതി ഒന്ന് തന്നെ അവിടെയും ദൃഷ്ടി ദ്രഷ്ട എന്നാണ് പറയുന്നത് ഇവിടെയാണ് എന്നെ പറയുന്നു അതിന്റെ അർത്ഥം പറയുന്നു എന്താണ് അന്ധക്കരണ പരിണാമ രൂപ ദൃഷ്ടി യോ ദിഷ്ടവിടെ ദൃഷ്ടി എന്ന് പറയുന്നതിന് ദൃഷ്ട എന്ന് പറയുന്നത് സാക്ഷിയായി ദൃഷ്ടി ജ്ഞാനവുമായി പരിണാമനോ അന്ധകരണസ്യ ദൃഷ്ടോ ഇവിടെ ദൃഷ്ടു ദ്രഷ്ടു എന്ന് പറയുന്നത് സാക്ഷിയല്ല ഇവിടെ ദ്രഷ്ടാവായിരിക്കുന്ന സാക്ഷിയല്ല പിന്നെന്താണ് വിഷയത്തിന്റെ ദൃഷ്ടാവ് വിഷയങ്ങളുടെ ദൃഷ്ടാവാണ് ഇവിടുത്തെ ദൃഷ്ടാവ് ആ ദുഷ്ടാവിന്റെ സാക്ഷിഭൂതായ ദൃഷ്ടി അങ്ങനെയാണ് അമ്പോ സാക്ഷി എന്തുകൊണ്ട് ദൃഷ്ടി എന്ന് പറഞ്ഞു സാക്ഷി എന്തുകൊണ്ടാ ദ്രഷ്ടാവെന്ന് പറഞ്ഞു സാക്ഷിയായിരുന്നു അറിയുന്നവൻ മനസ്സിലായോ സാക്ഷിയെ ദൃഷ്ടി എന്ന് പറഞ്ഞത് സാക്ഷിയെ ദ്രഷ്ടാവ എന്ന് പറഞ്ഞത് അറിയുന്നവനായോക്ഷി രണ്ടുമാണ് അറിവുമാണ് അറിയുന്നവനുമാണ് അതാ വിശേഷിച്ച് മനസ്സിലായത് തസ്യ ഹിപര്യ ലോകവും നാസ്തി അതാ വാക്യത്തിന്റെ അർത്ഥം നാശം വരുന്നില്ല ഇതിവാ ഇങ്ങനെയാകാം അദ്വൈതശ്രുതി അനുഗുണേ സംഭവതി അദ്വൈതശ്രുതിക്ക് അനുഗുണമായ സംബന്ധം സംഭവിക്കാമെന്നിരിക്കേ ുണഗുണിഭാവേനു സംബന്ധ കൽപന ഗുണഗുണിഭാവത്തിൽ സംബന്ധത്തെ കല്പിക്കുക എവിടെ എവിടെ എവിടെ ആ വാക്യത്തിൽ ആത്മാവിന് സംബന്ധം ഒന്നും ഇല്ല സംബന്ധം എവിടെയാ വരുന്നത് ചർച്ച ചെയ്യുന്നത് വ്യാകരണത്തിലെ സംബന്ധത്തെ കുറിച്ചാണ് മനസിലായോ ശേഷേ സംബന്ധത്തെ കുറിച്ച ചിന്തിക്കുന്ന ആ സംബന്ധം എന്താണ് സംബന്ധം സംബന്ധ കൽപ്പന അവിദിത മീമാന്തരം ഇവിടെ ഉറപ്പിച്ചെന്താണ് വൈയതികരണ്യം സൃഷ്ടിയായാലും സമാനാധിക സൃഷ്ടിയായാലും അദ്വൈതയെ സംബന്ധിച്ചൊരു പ്രശ്നവും ഇല്ല ഇല്ല അപ്പോ ഷഷ്ടിയെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു ഇന്നടുത്ത് എന്താണ് സംബന്ധത്തെ കുറിച്ചുള്ള ചർച്ച കിഞ്ച ജീവ ഈശ്വരൂർ ഭേദജ്ഞാന അഭിമുഖമാർ ഭേദം അഭിമുഖച്ചതാ നിത്യദൃി സംബന്ധ ക ഉച്ചതേതി വിവേചനീയം ജീവനും ഈശ്വരനും തമ്മിൽ ഭേദം സ്വീകരിക്കുന്നവർ ആരാണ് ജീവാത്മാ പരമാത്മാ എന്നല്ലേ അവർ പറയുന്നു രണ്ടാത്മാവിനെ സ്വീകരിക്കുന്നവർക്ക് നിത്യദൃഷ്ടി സംബന്ധ കസ്യ ഉച്ചതേ ഈ നിത്യദൃഷ്ടി സംബന്ധം നിത്യദൃഷ്ടിന്ന് എന്താ പറയാൻ കാരണം ആ ശ്രുതി പറഞ്ഞു ദൃഷ്ടേ വിപരിലോപോ ന വിദ്യതേ എന്ന് പറഞ്ഞപ്പോ ഉറപ്പിക്കണം ശ്രുതി അംഗീകരിക്കുന്നവരെന്താണ് ദൃഷ്ടി നിത്യമാണ് ദൃഷ്ടി ജ്ഞാനം അപ്പൊ അത് കഴിഞ്ഞാൽ ഈ നിത്യമായ ദൃഷ്ടിയുടെ എവിടെയാണ് സ്വീകരിക്കുന്നത് നിത്യദൃി സംബന്ധാന്ന് പറയുന്നത് എങ്ങനെ അഭിഗ്രഹിക്കുന്നത് അതറിഞ്ഞാല് അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ നിത്യാദൃഷ്ടി എന്ന് പറഞ്ഞാൽ മതി നിത്യാദൃഷ്ടി നിത്യദൃ നിത്യദൃ പിന്നെ നിത്യദൃ നിത്യദൃ സംബന്ധ നിത്യദൃി സംബന്ധ നിത്യദൃഷ്ടി ഞാനും അതിന്റെ സംബന്ധം കസീവിച്ചതേ നിങ്ങൾ ആർക്കാണ് ആ സംബന്ധത്തെ സ്വീകരിക്കുന്നത് നിത്യദൃഷ്ടി എന്ന് വെച്ചാൽ ഈശ്വരനാണോ പരമാത്മാവിനാണോ നിത്യദൃഷ്ടി ഉണ്ടെന്ന് പറയുന്നത് ഇത് വിവേചനീയം ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഒരിക്കൽ നിങ്ങൾക്ക് നിത്യജ്ഞാനം ജീവനിലുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല കഴിയില്ല എന്തുകൊണ്ട് അനിത്യമാണ് സമവായ സംബന്ധത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനമാണ് അവിടെ നശിക്കുകയും ചെയ്യുന്നത് ജീവസ്യ ജീവസ് Nitya <Nittia> Drishti Sambandha Jeevasya Nabhavati Tatsya Anitya Jnana Abhiman Katsya Katsya Jeevasya Jeevasya Anitya Jnana Abhiman Jeevasya Anitya Jnana Shriyat Tuyela Vibustha Bana Kahi Tarki Gai Tarki Gai Tarki Marengne Abraim തൂമാര ഈശ്വരം നിത്യദൃഷ്ടിസംബന്ധ ഈശ്വരസംഭവതി കസ്മാ അതിന്റെ ഉത്തരം അങ്ങ് നീണ്ടുപോവുകയാണ് എന്തുകൊണ്ട് ഈശ്വരന് നിത്യദൃഷ്ടി സംബന്ധത്തെ സ്വീകരിക്കാൻ കഴിയത്തില്ല ൂചിതം ജീവം ഉപക ഭൂത്തെഭ്യ സമുത്ഥായ തന്നേവനുവിനേത്യ സപന അസ്തി അവസ്തരപ്രതിപാദരെ വിനശം ആശങ്ക അവിനീവാ അരെ അയം ആത്മാ അനുചിത്ധർമ്മ മാത്ര അസംസർഗസ്തു അതി യൈ തന്ന പശ്യത്തി പശ്യന് വൈ തന്നി ദ്ര ദൃഷ്ടേ വിപരിലോകോ വിദ്യം അവിനശിത്പന തീർന്നില്ല ജ്യോതിർബ്രാഹ്മണേ ചാഗരാദ്യവസ്ഥോപനപുരസരം അഥ എത്രക്തോ നാമം കാമയത്തെ നപനം പശ്യത്തി സമ്പ്രസാദാവസ്ഥാനവതേ തന്നെ തന്നെ ദ്രഷു ദൃഷ്ടോ അത് വീണ്ടും ആവർത്തിച്ചിരിക്കേണം നേരത്തെ മന്മുന ദ്രഷ്ടവിജ്ഞവിജ്ഞാന നിത്യത്വ പ്രതിപാദന ഈശ്വരപക്ഷേ വിശേഷവിജ്ഞം ഐക്യ ഇതുവരെയാണ് പോകുന്നത് ഇവിടെ പറയുന്ന ഇതാണ് ഈശ്വരന് നിത്യജ്ഞാനത്തിന്റെ സംബന്ധമല്ല മറിച്ച് ഈശ്വരൻ നിത്യജ്ഞാന സ്വരൂപമാണ് ൂടെ പറയുന്നത് ഇനി ഈശ്വരൻ ജ്ഞാനസംബത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അനിത്യജ്ഞാനസംബന്ധത്തെ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ കാരണം ഈശ്വരൻ നിത്യജ്ഞാനവാനാണെന്ന് അതന്നൂടെ പറയുന്നത് ായ മാത്മാനുഷ്ഠർമ്മ ഇതവിടെ വരുന്നാണ് മൈത്രി സംവാദത്തിൽ ഏത് അവിനാശി വര വാര്യായ മാത്മാനുഷ്ഠിത്വർമ सर्गस्वती इवशन इवड़ा वो मात्र असंसर्गस् अवति ഇത് എവിടെ വരുന്നു എന്ന് ഓർമ്മിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടുകയാണെങ്കിൽ പറഞ്ഞു നിന്നാ കൊള്ളാം ഉണ്ടാവും എവിടെ എങ്കിലും വരുന്നുണ്ടോന്നുണ്ടെങ്കിൽ പല ജോലികളെയും നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല നവാരേ പത്തിയു കാമായ പതിപ്രിയോ ബോധി ഇതെവിടെയാ വരുന്നത് മൈത്രീ സംവാദത്തിൽ മൈത്രീ സംവാദത്തിൽ ഇതൊക്കെ എവിടെ തന്നെയാണ് വരുന്നു പക്ഷെ മാത്ര അസംസർഗസ്തുഅ അസ്യഭവതി എവിടെ വരുന്ന എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ പറ്റുമോ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് കണ്ടുപിടിക്കാണോ അത് കഴിഞ്ഞ് യന്മയിൽ തന്ന വശ്യതി വശിന്മയിൽ തന്ന വശ്യ ദൃഷ്ടോ ദൃഷ്ടയുടെ വിപരിലോപോ വിദ്യതെന്ന് പറയുന്നത് ഈ തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്ന കേട്ടാൽ നമുക്ക് തോന്നും ഇത് ആണെന്ന് പക്ഷെ അല്ല ജനകയാജ്ഞകൾക്ക് സംവാദത്തിലാണ് പക്ഷെ അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു കാരണം അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു ജ്യോതിർ ബ്രാഹ്മണേ എന്ന് പറഞ്ഞ് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥകർത്താവിൻ്റെ ഇതനുസരിച്ച് ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന യോതിബ്രാഹ്മണത്തിലല്ലെന്നാണ് എന്തുകൊണ്ട് ജ്യോതിർബ്രാഹ്മണേച്ച അടുത്ത് പറയുന്നു എത്ര സുപ്തോ നാമം കാമ ഗു സ്വപ്നം പശ്യതി നഹി ദു എന്നുവെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് ജ്യോതിർ ബ്രാഹ്മണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് മുമ്പ് പറഞ്ഞ വീണ്ടും പറഞ്ഞിരിക്കുന്നു കൂടി ഏ എല്ലാം ഇതനുസരിച്ച് അതിൽ വരേണ്ടത് ശാന്തോയത്തിലല്ലേ അത് ഏത് ഇത് വന്നിരിക്കുന്നത് ഏഹ് പുരുധാരണത്തിൽ ജനകരാജ്യമൊക്കെ സംവാദത്തിലാണ് ഇത് വന്നിരിക്കുന്നത് പക്ഷെ അത് പറഞ്ഞതിനു ശേഷം പറഞ്ഞിരിക്കുന്നത് ജ്യോതിർബ്രാഹ്മണീച്ച ജ്യോതിർബ്രാഹ്മണമെന്ന് പറയുന്നത് ജനകരാജ്യമൊക്കെ സംവാദത്തിലാണ് വരുന്നത് അത്രയും വൃഷസ്വയം ജ്യോതി എന്ന് പറഞ്ഞിരിക്കുന്നോണ്ടാണ് ജ്യോതിർബ്രാഹ്മണമെന്ന് പറയുന്നത് സ്വയം ജ്യോതിസായ പുരുഷനെ കുറിച്ച് സ്വപ്നത്തിൽ പറയുന്നോണ്ടാണ് ജ്യോതിർ ബ്രാഹ്മണമെന്ന് പറയുന്നത് മറ്റത് മൈത്രീ ബ്രാഹ്മണമാണ് മൈത്രയ ബ്രാഹ്മണത്തിൽ ഉള്ളത് പോലെയാണ് ഇദ്ദേഹം ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനോ വിവരിലോകും എന്റെ അറിവില് മൈത്രീ ബ്രാഹ്മണത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഇല്ല ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം മൈത്രീ ബ്രാഹ്മണ രണ്ട് സ്ഥലത്ത് കിടപ്പുണ്ട് എവിടെങ്കിലും ഇത് വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു ഇല്ലെങ്കിൽ പിന്നെ ജ്യോതിർബ്രാഹ്മണയെ ചാന്ന് പറഞ്ഞു വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യം എന്തോ ഇവിടെ ആകെ ഒരു കൺഫ്യൂഷന് കിടക്കയാണ് എന്താ സംഭവിച്ചിരിക്കുന്നു ഇനി വേറെ ഏതെങ്കിലും പാഠത്തിൽ മൈത്രി ബ്രാഹ്മണത്തിലും ഇതുണ്ടാകാം അങ്ങനെ സംഭവിക്കുക എന്താണ് വിവരിലോ വിദ്യതെ എന്ന് പറയുന്ന ഒരു പാഠം ഗ്രന്ഥകർത്താവ് പറയുന്നതിനനുസരിച്ച് മൈത്രയി ബ്രാഹ്മണത്തിലും ഉണ്ടായിരിക്കണം പക്ഷെ കൊണ്ടോന്ന് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തണം എന്റെ അറിവില് ഉണ്ടോ മൈത്രയി ബ്രാഹ്മണത്തിൽ മൈത്രേ ബ്രാഹ്മണത്തിൽ ഇതുണ്ടോ ദൃഷ്ടുഹോ ദൃഷ്ടി വിപര ലോഭമോ വിദ്യതെന്ന് പറയുന്നുണ്ടോ മൈത്രി ബ്രാഹ്മണത്തിൽ മൈത്രി ബ്രാഹ്മണത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് പറയുന്നു അതിന് മുമ്പെന്ന് ഏ ഏതെങ്കിലും ഒന്ന് പറയണം ഉണ്ടോ ഉണ്ട് ഉണ്ടോ കുറച്ച് മുമ്പ് മൈത്രി ബ്രാഹ്മണത്തിയുടെ ഉണ്ടെന്ന് പറഞ്ഞാ എവിടെയുണ്ട് മൈത്രി ബ്രാഹ്മണ ഓർമ്മയുണ്ടോ നാലാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ മൂന്നാമത്തെ ബ്രാഹ്മണത്തിൽ മൈത്രി ബ്രാഹ്മണ ഇല്ല പിന്നെ ഇങ്ങനെ അവിടെ ഉണ്ടെന്ന് പറയുന്നു ഇങ്ങനെ പറയുന്നത് അവിടെ മൈത്രി ബ്രാഹ്മണ ഇല്ലല്ലോ മൈത്രി ബ്രാഹ്മണം ഏതെന്നറിയാത്തോണ്ടാണോ ഈ പ്രശ്നം ഏ നാലാമത്തെ അധ്യായത്തിൽ നാലാമത്തെ ബ്രാഹ്മണത്തിൽ ഇങ്ങനെ ഒരു വാക്യുണ്ടോ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ആകെ കുഴപ്പമായി എനിക്കും കൺഫ്യൂഷനായി ഇവിടുത്തെ ചോദ്യം മൈത്രേയി ബ്രാഹ്മണത്തിൽ ഉണ്ടോ എന്നാണ് മറ്റതിന്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് മൈത്രേ ബ്രാഹ്മണത്തിൽ ഇങ്ങനെ വാക്യം ഉണ്ടോ ആരെങ്കിലും കണ്ടെത്തിയോ കണ്ടെത്തി അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെ ഈ പറയുന്നത് എന്താണ് മാത്ര അസംസർഗസ്തുഅസ്യബോധി എന്ന് പറയുന്നുണ്ടെങ്കിൽ കണ്ടെത്തണം എന്റെ ഓർമ്മയിലില്ല ഇല്ലാതെ പിന്നെ ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പാഠം കാണും നല്ല എഴുതി വെക്കും അത് നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് എവിടെ കാണും അത് ആരെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമേ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിലധികം ഇല്ലല്ലോ ഉം ഇതിന് അധികം വ്യാഖ്യാനങ്ങളില്ലല്ലോ വേറെയും വ്യാഖ്യാനങ്ങളുണ്ട് ഹിന്ദി തന്നെ രണ്ടു വ്യാഖ്യാനം ഇല്ലേ ആ വ്യാഖ്യാനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല സംസ്കൃതത്തിനും വ്യാഖ്യാനത്തിനും ഖണ്ഡിക്കുന്നില്ല അതുകൊണ്ട് മനസ്സിലാകേണ്ടത് അങ്ങനെ ഒരു പാഠം എവിടെ ഉണ്ട് അതെവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അത് കുറിച്ച് പറഞ്ഞില്ലല്ലോ കണ്ടിച്ചതൂഷണിക്കാറ് ിക്കുന്നവര് എന്തുപറയണോ ഇതിനെ അങ്ങനെ ഖണ്ണിച്ച് അല്ലല്ലോ വേറെ ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു ആശയത്തെ എടുത്തല്ലേ ഖണ്ണിക്കുന്നു അല്ല ഖണ്ഡിച്ചുകൊണ്ട് വ്യാഖ്യാനം എഴുതിയില്ലല്ലോ ആര് വ്യാഖ്യാനം കണ്ണിക്കാൻ വേണ്ടി എഴുതുന്നില്ല എന്തായാലും എനിക്ക് അതൊരു കൺഫ്യൂഷനായിരിക്കാണ് ഒന്നുകിലുണ്ടെന്നറിയണില്ലെങ്കിൽ റിയണം അറിയാൻ പറ്റില്ല ഇല്ല എന്നറിയാം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയ വിദ്വാൻമാര് അത് അവിടെ പറഞ്ഞു മൂലകാരൻ വ്യാഖ്യാതാവ് രണ്ടുപേരും ഇല്ലെന്ന് പറയുന്നില്ലല്ലോ പിന്നെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അവരൊക്കെ വേദം ചൊല്ലിപ്പടിച്ചവരും ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മളെക്കാളും എത്രയോ എത്രയോ എത്രയോ എത്രയോ മടങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അപ്പം നമ്മൾ എങ്ങനെ പറയാൻ പറ്റും ഉണ്ടാ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും പരിശ്രമിച്ച് കണ്ടുപിടിച്ചാൽ കൊള്ളാം എന്താ ഈ സംഭവിച്ചിരിക്കുന്നു ഇനി എൻ്റെ കണ്ണിൽ പെടാത്തതാണോ എവിടെയെങ്കിലും കിടപ്പുണ്ടോ ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലേ ഉണ്ടെന്നോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പോയില്ലേ അങ്ങനെ വരാൻ പാടില്ല പറഞ്ഞാ പറഞ്ഞിടത്തേക്കണം മാറാൻ പാടില്ല കാല് മാറാൻ പാടില്ല ഒന്നുകിലടങ്കിൽ വലത് ചോദിക്കുന്ന ജീവ ഈശ്വരയോർ ഭേദം അഭ്യോഗതാ നിത്യദൃഷ്ടി സംബന്ധ കെ ഇത് വിവേചനീയം ജീവസ് തസ് അനിത്യഞ്ജന അഭ്യമ നാവീശ്വര അത് വിശദീകരിക്കും മൈത്രി ബ്രാഹ്മണി നവാരെ പത്തിങ്ങുന്നാണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് നവാരം അതുവരെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകും എന്താ പറയുന്നത് നവാരുക്കാമായ പതിഹിപ്രിയോ ഭവതി പതി പ്രിയനായിരിക്കുന്നു ആർക്ക് ഭർത്താവിന് ആ ഭാര്യക്ക് ഭർത്താവിനോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ ചിന്തിക്കുന്നത് സ്വാർത്ഥമാണോ അതേ പരാർത്ഥമാണോ എന്നാണ് എന്നുവെച്ചാൽ അത് സ്വാർത്ഥമാണ് അല്ലാതെ പതിയുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല എല്ലാ ഇഷ്ടങ്ങളും അങ്ങനെ തന്നെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു പറഞ്ഞാൽ അത് പരമസ്വാർത്ഥത്തിൽ മലയാളികൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് ഏഹ് മലയാളികൾക്ക് ആത്മാർത്ഥമായി എന്ന് പറഞ്ഞാൽ ശരി നിസ്വാർത്ഥമായി അങ്ങനെ ഇല്ല അതാണ് ഇവിടെ പറഞ്ഞുകൊടുക്കുന്നത് എന്താണ് തനിക്ക് വേണ്ടിയിട്ടാണ് തന്റെ കാമത്തിന് വേണ്ടി തന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് തിരിച്ചും പറയും അടുത്ത് ഭർത്താവ് ഭാര്യ എന്നുവെച്ചാൽ ഇനി യാജ്ഞവത്കരന് വീട് കെട്ടു പോകണം ഭാര്യക്ക് തന്നോടുള്ള സ്നേഹബന്ധം അതിന് തടസ്സമാണെങ്കിൽ അതൊന്നും മാറ്റാൻ വേണ്ടി പറയുകയാണ് എന്താണ് ആ സ്നേഹം ആ സ്നേഹം എന്ന് പറയുന്നത് നിനക്ക് എന്നോടുള്ള സ്നേഹമല്ല മറിച്ച് നിനക്ക് നിന്നോടുള്ള സ്നേഹം തന്നെ അതിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ പോകുന്നതിൽ എന്താ പ്രശ്നം ഞാൻ പോകുന്നതിൽ പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമുണ്ടാവും അന്നത്തെ കാലത്ത് ഇത്രയും ചിന്തിച്ച ഒരാൾ മനസ്സിലാക്കി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയകരമായ കാര്യമാണ് ഇങ്ങനെ ആത്മനിഷ്ഠമായ കാര്യങ്ങളിൽ അന്നത്തെ മനുഷ്യൻ എത്രമാത്രം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് തന്നെ ഇത് എത്ര മനുഷ്യർക്ക് അറിയാം ഇങ്ങനെ ഒരു കാര്യം പലർക്കും അതറിയത്തില്ല അന്ന് അതാണ് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ആധ്യാത്മിക ശാസ്ത്രമാണ് അത് മനസ്സിലാക്കാതെ ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഹൈഡ്രോജൻ ബോംബ് കണ്ടുപിടിച്ചതുമാണ് നമ്മളെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ വിഡ്ഢികളാകുന്നത് അത് പക്ഷെ ഇതാ മനസ്സിലാക്കുന്നത് ജീവനെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു സത്യമാണ് പറയുന്നത് എന്താണോ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്നത് ആണ് നബാര്യ സർവസ്വം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് സ്നേഹിക്കുന്നുണ്ട് ഇതെല്ലാം എന്താണ് ക്രോസ് അല്ല സ്നേഹം അവനവനെ തന്നെയാണ് സത്യം തന്നെയാണ് അമ്മരള്ള സ്നേഹിക്കുന്നത് തനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്റെ ഇഷ്ടമാണ് എല്ലാം ഇതുതന്നെ എന്നാലും നമ്മൾ പറയും എന്താണ് ഞാൻ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു ഞാൻ പറയുന്നത് നവാ ഒരു സർവസ്വികമായ ലോകം മുഴുവനും കൂടെ ചേർന്നിട്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പോയാലും നീ സ്നേഹിച്ചാലല്ല ലോകത്തെ മുഴുവൻ പേരും കൂടെ തേർന്നിട്ട് ക്രോസ് ആയിട്ട് അങ്ങോട്ടേക്കോണ്ടും സ്നേഹിക്കേണ്ട അങ്ങനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ ഈ സ്നേഹം എന്താണ് അവനവന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെയാണ് അതാണ് പറയുന്നത് ഇങ്ങനെ ഉപദേശം തുടങ്ങുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ മൈത്രേക്ക് ബോധം അതുകൊണ്ടാണ് ജഹാര അവസാന യാജ്ഞകൾക്ക് എന്ത് ചെയ്തു പൊടിയും തൊട്ടി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ മൈത്രയും നെഞ്ചത്തടിച്ച് കരഞ്ഞു കൊന്നില്ല പോകുന്നെങ്കിൽ പോട്ടെ അത് അങ്ങേരുടെ സ്വാർത്ഥത ഇതെന്റെ സ്വാർത്ഥതമാധാനമായിട്ടിരുന്നു ഇതെല്ലാം മനുഷ്യന്റെ സ്വാർത്ഥത എല്ലാവരും ഇതെല്ലാം ചെയ്യുന്ന അവനവന് വേണ്ടി തന്നെയാണ് അവനവന്റെ സംതൃപ്തിക്ക് വേണ്ടി തന്നെയാണ് അത് ആൾക്കാർ പറയുന്ന അദ്വൈതി മാത്രം സ്വന്തം മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നു അന്യർക്ക് വേണ്ടി ചെയ്യുന്നു ഇവിടെ പറയുന്ന രണ്ടും തമ്മില് ഒരു വ്യത്യാസമുണ്ട് നീ അന്യനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നത് നിന്റെ സ്വാർത്ഥത അദ്വൈതി മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്ന അദ്വൈതിയുടെ സ്വാർത്ഥത സ്വാർത്ഥത എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ല ഇല്ല എന്നാ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ രാജ്ഞവിക്കുന്നത് ഒന്നല്ല രണ്ട് രണ്ടെണ്ണത്തിന് ഉപേക്ഷിച്ച് പോകാൻ എങ്ങനെ മനസ്സോന്നു എങ്ങനെ കഴിയും അല്പമെങ്കിലും പരാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ ഏറ്റവും പരാർത്ഥത ഇല്ല സ്വാർത്ഥമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്ഥലം വിട്ടത് അതാണ് മൈത്രി ബ്രാഹ്മണി നവാരേ പത്തിക്കാമായ പതിപ്രിയോഭോതി ഭർത്താവിന്റെ കാമത്തിനു വേണ്ടി ഇഷ്ടത്തിനു വേണ്ടി പതി പുരിയനാകുന്നില്ല ഇത്യാദിനാതി പ്രിയ സംസൂചിതം പതിജായ തുടങ്ങിയ പ്രിയത്തെ സൂചിപ്പിക്കുന്ന ആ പ്രിയത്തിലൂടെ സൂചിപ്പിക്കുന്ന എന്തിനാണ് ഇങ്ങനെ പ്രിയമായിട്ടിരിക്കുന്ന ഈശ്വരനല്ലോ ജീവനല്ലേ ഭൂതേഭ്യസമത്ഥായ തന്നയ അന്വിനശ്യതി നയത്നസപ് അസ് അന്തര പ്രതിപാദന അസരെശങ്ക അവിനേ അയം ആത്മാ അനുഷ്യത്തി ഗസ്തു അതിന്മാതാ പൂർണമേശിഷ്യ ഓ ശ്രീ